അവിദ്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഭാവനികാരൻ്റെ ഒരു സിദ്ധാന്തമാണ് ഇനി ചർച്ച ചെയ്യുന്നതാണ് എന്താണോ അവിദ്യ എവിടെയിരിക്കുന്നു അവിദ്യയുടെ ആശ്രയം എന്താണ് അത് ബ്രഹ്മമാണോ അതോ ജീവനാണോ ഭാവനികാരൻ്റെ അഭിപ്രായം അത് ജീവനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന ബ്രഹ്മത്തെ വിഷയമാക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അവിദ്യ ഒന്നല്ല അവിദ്യ പലതാണ് ഓരോ ജീവനും വെവേറെ അവിദ്യയാണ് അതുകൊണ്ട് ഒരു ജീവൻ്റെ അവിദ്യം നശിക്കുമ്പോൾ അയാൾ മുക്തനാകുന്നു മറ്റുള്ളവരെല്ലാം നശിക്കുന്നില്ല അതുകൊണ്ട് അവർ ബദ്ധരായിരിക്കും പിന്നെ ബാക്കി വരുന്ന അവച്ഛേദ ഭാഗം അല്ല ഇനി വരുന്ന ഭാഗത്ത് വരും അടുത്തു വരുന്നു നിശ്വസിത മസ്യവേദീക്ഷിത വേദസ്യ പഞ്ചഭൂതാ സ്മിതമേത ചരാചരം അസ്യ ച സുപ്തം മഹാപ്രളയഹ ഈ ബ്രഹ്മത്തിൻ്റെ വേദാഹ നിശ്വസിതം നിശ്വസിതമാണ് വേദം നിശ്വസിതം വേദ നിശ്വാസമുണ്ടല്ലോ ശ്വാസം നിശ്വാസം ഇങ്ങനെ ഒരു നിശ്വാസം ായി വന്നാണ് വേദം നിശ്വാസം വേദം പറയുന്നത് എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് സർവജ്ഞനാണ് ഇപ്പൊ സർവജ്ഞനായിരിക്കുന്നതുകൊണ്ട് വേദത്തെ സൃഷ്ടിക്കുന്നതിന് ബ്രഹ്മത്തിന് പ്രയത്നത്തിന്റെ ആവശ്യമൊന്നും കാരണം നിശ്വാസം എന്ന് പറയുന്നത് സുഷുപ്തിയിലും നടക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രയത്നമുണ്ടോ അപ്പൊ നിശ്വാസത്തിന് പ്രയത്നത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ അറിയുന്നുകൂടിയില്ല സുഷത്തി പോലെ നടക്കുന്ന കാര്യമാണ് അപ്പൊ അതുപോലെ ഈശ്വരൻ്റെ നിശ്വാസമാണ് വേദങ്ങൾ സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ്റെ ഒരു നിശ്വാസം വന്നപ്പോൾ അത് ആണ് വേദം ഇപ്പൊ പഴയകാലത്തെ ധാരണയിലാണ് ഈ പറയുന്നത് ഈ വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിനകത്ത് സർവ അറിവുമുണ്ട് സർവവിധമായ അറിവുകളും വേദത്തിനകത്തുണ്ട് അപ്പൊ സർവവിധ അറിവുമുള്ള വേദം ഒരു സർവജ്ഞനെ കൊണ്ടേ സൃഷ്ടിക്കാൻ പറ്റും ഒരു സർവജ്ഞനെ സംബന്ധിച്ചിടത്തോളം വേദത്തെ സൃഷ്ടിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് അതൊരു നിശ്വാസം പോലെ അനായാസമാണ് എന്നാണ് അതുകൊണ്ടാണ് വേദത്തിന് ഇത്രയും പ്രാമാണം വരുന്നത് ഒന്ന് വേദം ഈശ്വരൻ സൃഷ്ടിച്ചാണ് അനാദിയാണെങ്കിലും സൃഷ്ടിച്ചാണ് അനാദിയാണ് സൃഷ്ടിച്ചതുമാണ് എന്ന് വെച്ചാൽ ഓരോ കൽപ്പത്തിനും എന്ത് ചെയ്യുന്നു ഈശ്വരൻ്റെ നിശ്വാസമായിട്ട് വേദം പ്രകടമാകും പ്രളയത്തിൽ അതെല്ലാം വീണ്ടും ഈശ്വരനിലേക്ക് ലയിക്കും അടുത്ത സൃഷ്ടിയുടെ ആരംഭത്തിൽ വീണ്ടും വേദം പ്രകടമാകും അപ്പോൾ വേദത്തിനകത്തെല്ലാം ഉണ്ട് ഈശ്വരൻ്റെ സർവജ്ഞത വേദത്തിൽ പ്രകടമാകുകയാണ് അതുകൊണ്ട് എല്ലാ അറിവിനും പ്രമാണമായിട്ട് വേദം ആണ് പഴയ പണ്ഡിതന്മാരെല്ലാം വിശ്വാസം പോലെ വന്നൊന്ന് അനായാസമായി വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നിശ്വാസം എന്ന് പറഞ്ഞാണ് ഈശ്വരൻ നിശ്വസിച്ചത് പോലെയാണെന്ന് വന്നത് ഈശ്വരൻ നിന്ന് വേദം വന്നത് ആണ് നിശ്വാസം എന്ന് പറയും അതായത് ഈ നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്ത് വരുന്നു വായു പുറത്തേക്ക് വരുന്നു ഈശ്വരൻ്റെ നിശ്വാസത്തിൽ എന്ത് വന്നു വേദം വന്നു സാധാരണ മനുഷ്യനോ സാധാരണ മനുഷ്യനോ ആയിട്ടൊരു ബന്ധുവൻ സാധാരണ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വാക്യം രാമ ഗ്രാമം ഗച്ചതി ഇങ്ങനെ ഒരു വാക്യം ഒരാൾ പ്രയോഗിക്കണമെങ്കിൽ ആദ്യമായ കന്തു വേണം അർത്ഥബോധം വേണം അർത്ഥം ബുദ്ധ വാക്യരചന രാമൻ ഭർത്താവാണ് ഗ്രാമം കർമ്മമാണ് ഗച്ചതി ക്രിയയാണ് ഇതിൻ്റെ അർത്ഥം ഇന്നതാണ് ഈ അർത്ഥം ഉണ്ടായ അർത്ഥബോധമുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് പറ്റൂ ഒരു വാക്യത്തെ രചിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആ വാക്യം ശരിയാവില്ല അപ്പം നമ്മൾ ഓരോ വാക്യങ്ങൾ പ്രയോഗിക്കുമ്പോഴെല്ലാം നമ്മൾ ശരിയായ ബുദ്ധിയിലാണെങ്കിൽ നമ്മൾ അർത്ഥം അറിഞ്ഞാണ് വാക്യത്തെ പ്രയോഗിക്കുന്നത് ഈശ്വരൻ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഈശ്വരൻ എന്ത് ചെയ്യുന്നു ഒരു നിശ്വാസം അതിലൂടെ വേദം പ്രകടമായി അപ്പം മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ വിശ്വസിക്കുന്നതല്ല മനുഷ്യൻ ആദ്യം അർത്ഥത്തെ അറിയുന്നു പിന്നെ വാക്യത്തെ അറിയിക്കുന്നു അർത്ഥത്തെ എങ്ങനെ അറിയുന്നു അർത്ഥത്തെ അറിയുന്നത് ഇതിനൊക്കെ പഠിച്ചു എന്താണോ ശിശുവായിരിക്കുമ്പം തന്നെ ഉത്തമ വൃദ്ധനും മധ്യമവൃദ്ധനും പറയുന്ന കേട്ട് ശിശുവിനെങ്ങനെയാണ് ശബ്ദബോധം ഉണ്ടാകുന്നതെന്നൊക്കെ അവിടെ ചർച്ച ചെയ്തതാണ് അങ്ങനെ ക്രമേണ ക്രമേണ പദാർത്ഥം ഞാൻ ഉണ്ടായി ശാബ്ദബോധം ഉണ്ടായി പിന്നെ അയാൾ വാക്യങ്ങൾ സ്വയം ഉണ്ടാക്കാൻ ഉണ്ടാക്കും മനുഷ്യനവിടെ ഒരു ക്രമമുണ്ട് ശാബ്ദബോധ പ്രക്രിയ എങ്ങനെ ശാബ്ദബോധം ഉണ്ടാകുന്നു ഒരുപാട് പ്രയത്നം ആവശ്യമുള്ള കാര്യമാണ് ബാല്യകാലം പോലെ ഇതൊക്കെ കണ്ടും കേട്ടും പഠിക്കുകയാണ് ഈശ്വരൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈശ്വരൻ നിശ്വസിച്ച് കഴിഞ്ഞാൽ വേദമെങ്കിൽ വരും വേദത്തിൽ സർവ വേദത്തിൽ സർവ അറിവുണ്ടെന്നുള്ളതാണ് പഴയകാലത്ത് ഒരു വിശ്വാസം അത് വിശ്വാസം എന്നേ പറയാൻ പറ്റും അല്ല ഇന്നത്തെ അറിവല്ലോ വേദത്തിലുണ്ടോ ഒന്നുമില്ല പക്ഷേ അങ്ങനെ മനുഷ്യൻ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് എന്തെഴുതിയാലും വേദത്തിൽ നിന്നൊരു പ്രമാണം കാണിക്കണം പണ്ട് ആ വേദത്തിൽ കാര്യത്തെക്കുറിച്ച് നിന്നടുത്ത് പറയുന്നു എന്ന് അപ്പോൾ ഒരു കാര്യം എഴുതി വയ്ക്കുമ്പോഴത്തേക്ക് വേദത്തിൽ പ്രമാണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ആസ്യന്മാർക്ക് അത് കിട്ടിയേ പറ്റും എന്ത് ചെയ്യും പഴയകാലത്ത് എന്ത് ചെയ്യുമെന്ന് അവർ വേദത്തെ വ്യാഖ്യാനിക്കും ഞാൻ പറഞ്ഞ അർത്ഥം വേദത്തിലുണ്ടെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അദ്വൈതവും ദ്വൈതവും ഇഷ്ടാദ്വൈതുമൊക്കെ വേദത്തിലുള്ളതെന്ന് പറയുന്ന അങ്ങനെയാണ് ഈ ആശയങ്ങളൊക്കെ അവരുടെ ഉള്ളിയിരുന്നതാണ് പക്ഷേ അന്നത്തെ മനുഷ്യർ വേദത്തിലുണ്ടെന്ന് പറഞ്ഞാലേ അംഗീകരിക്കും അപ്പോൾ അവരെന്ത് ചെയ്തു വേദത്തെ വ്യാഖ്യാനിച്ചിട്ട് ഇതൊക്കെ വേദത്തിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വിശ്വസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ മനുഷ്യൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയൊക്കെ വേദത്തിലുണ്ടോ ഇന്ന് മനുഷ്യൻ പറയുന്ന മനുഷ്യൻ്റെ ഭാഷയെല്ലാം പറയാൻ പറ്റും ഇതൊക്കെ വിശ്വാസങ്ങളുണ്ട് പറയുന്നു പഴയ കാലത്തെ പഴയകാലത്ത് മനുഷ്യരങ്ങനെ വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചും മറ്റുള്ളവരെ കൊണ്ട് വേദത്തെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് വേദത്തെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വേദം പറഞ്ഞാൽ അത് ശരിയാണെന്ന് പറയാൻ വിശ്വസിക്കാൻ വേണ്ടി ഇങ്ങനെ ഉള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയില്ലേ ഈശ്വരൻ പറഞ്ഞു എന്നൊക്കെ നിശ്വാസം എന്ന് പറയുന്ന അനായാസം ഒന്ന് കാണിക്കാൻ വേണ്ടി അപ്പൊ പറഞ്ഞില്ലേ ആദ്യം പിന്നെ നിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉപമയായിട്ട് പറഞ്ഞിരിക്കുകയാണ് വിശ്വാസം പോലെ എന്ന് വെച്ചാൽ എങ്ങനെയാണോ നിശ്വാസം അനായാസം നടക്കുന്ന അതുപോലെ ഈശ്വരനിൽ നിന്നും അനായാസമായി പ്രകടമായതാണ് കൽപ്പാതിയിൽ വേദം എന്ന് വേണ്ടി അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അസ്യ മഹതോഭൂത നിശ്വസിതം വേദ യുർഗ്വേദ യജുർവേദ സാമവേതു അഥർവ വേദത്തിൽ പറയുന്നുണ്ട് വേദത്തിൽ തന്നെ സ്വയം പറയുന്നു എന്താണ് അസിയ മഹതോഭൂത നിശ്വസിതം മഹതോഭൂതം എന്ന് പറയുന്നത് ബ്രഹ്മം ഈശ്വരൻ ബ്രഹ്മീശ്വരനും ഒന്ന് നിശ്വാസമാണ് ഈ വേദങ്ങളെന്ന് വേദത്തിൽ തന്നെ പറയുന്നു അതൊക്കെ മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളുമായി ബന്ധം വേണമെന്നില്ല നമ്മുടെ പല വിശ്വാസങ്ങളും എന്താണ് എന്താണ് നമ്മുടെ പൊട്ട വിശ്വാസങ്ങളാണ് പിന്നെ വസ്തുതകളുമായിട്ട് ബന്ധം വേണമെന്നൊന്നുമില്ല അതുപോലെ ഒരു വിശ്വാസമാണ് എന്ത് വേദം ഈശ്വരൻ നിശ്വസിച്ചാണ് മനുഷ്യൻ പറഞ്ഞാണ് പഴയ കാലത്തെ ആദിവാസികൾ കാട്ടിലൊക്കെ നടന്ന് വേട്ടയാടിയും ൊക്കെ ജീവിച്ച കൃഷി ചെയ്തൊക്കെ ജീവിച്ച ആദിവാസികൾ അവർക്ക് സന്തോഷമൊക്കെ വന്നപ്പോഴും സങ്കടം വന്നപ്പോഴും ഒക്കെ പാടിയ പാട്ടുകളാണ് വയലിൽ പോയി നടുന്നവർ പാടുന്ന പാട്ട് കേട്ടിട്ടില്ലേ വയൽ വയൽ കൃഷി നടക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ അവർ രാവിലെ ഉടങ്ങിയ പത്ത് മണിവരെ പാടാനുള്ള പാട്ടവരുടെ കയ്യിലുണ്ട് വയൽ പാട്ടുകൾ കൊയ്ത്ത് പാട്ട് ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളുണ്ടായിരുന്നു അത് പണിയെടുക്കുന്നവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അത് പാടുന്നത് ഭാരം ചോക്കുന്നവർ ഏ ലയ്യ എന്ന് വിളിക്കാറില്ലേ ഉണ്ടാ ഏ ലയ്യ എന്ന് പറഞ്ഞിട്ട് തള്ളിക്കൊണ്ടുപോകും വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ശബ്ദം ഉണ്ടാക്കുകയാണ് ഇതുപോലെ വന്നാണ് വേദമെന്ന് പറയുന്നത് മനുഷ്യർ മനുഷ്യനുണ്ടാക്കിയ ശബ്ദങ്ങളാണ് അത് അവർക്ക് ഒരുപാട് കവിത ആദ്യത്തെ കവിതകൾ അവർക്ക് സങ്കടവും സന്തോഷവും ഒക്കെ വന്നപ്പോൾ കവിത എഴുതി കവിതകൾ പറഞ്ഞെന്ന് എഴുത്തൊന്നുമില്ല പിൽക്കാലത്ത് വന്നവരെന്ത് ചെയ്തു ഇതിനെ സംബന്ധിച്ച് ഓരോ വിശ്വാസങ്ങളും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വിശ്വാ ഈശ്വരൻ നിശ്വസിച്ചാണ് അതാണിതാണ് അങ്ങനെ പറയേണ്ടി വന്ന എന്തുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ഓരോ സിദ്ധാന്തങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഒരേ വേദത്തിന് തന്നെ എന്ത് വന്നു പരസ്പര വിരുദ്ധങ്ങളായ ദ്വൈതം അദ്വൈതം ഇഷ്ടാദ്വൈതമൊക്കെ വന്നതുകൊണ്ടാണ് അതൊന്നും വേദത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് വേദത്തിൽ ഉള്ളതാണെങ്കിൽ ഒരിടത്തുമല്ലേ വരാൻ പാടുള്ളൂ പലയിടത്തും വന്നെന്തുകൊണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ കൽപ്പനകളാണ് അവൻ്റെ ചിന്തയാണ് ഭേദത്തിനകത്തുള്ളതൊന്നുമില്ല പക്ഷേ ഒരു കാലത്ത് അത് ആവശ്യമായിരുന്നു പണ്ടും ഇന്നും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഗുരുദേവ കൃതി എത്ര മനുഷ്യരായിട്ട് വ്യാഖ്യാനിക്കുന്നത് അതിനകത്തുള്ളതല്ല എഴുതി വയ്ക്കുന്നത് ഗുരു എഴുതി വെച്ചേരുന്നു വിശ്വാസമാണ് ഇത് വായിന്ന് പുറപ്പെട്ടെന്നല്ല പറയുന്നു നിശ്വാസമാണ് അതങ്ങനെ പറയാൻ പറ്റും ഗുരു എഴുതിയും കറക്റ്റ് ചെയ്യുകയും വീണ്ടും എഴുതിയും കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തങ്ങനെ വിശ്വാസമാണ് അത് അർത്ഥം മനസ്സിലാക്കി ശബ്ദരചനയാണത് അർത്ഥം ബുദ്ധ്വാ ശബ്ദരചന ഇതങ്ങനെയില്ല രണ്ട് രണ്ടാണ് ഗുരു അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതുന്നു അതിന് പെശുകൊണ്ട് അതിനെ തിരുത്തുന്നു അപ്പോൾ അതനായാസമല്ല ചിന്തിച്ചെഴുതുന്നതാണ് ഇതങ്ങനെയല്ല ഇതിങ്ങനെ തെങ്ങീന്ന് തേങ്ങ വീഴുമ്പോൾ എങ്ങനെ ഒന്നങ്ങ് വീഴുകയാണ് തറ വന്ന് റെഡി അല്ലാതിലും പിന്നെ വേറെ പരിപാടിയൊന്നും ഞാൻ നിശ്വാസം അനായാസം എന്ന് പറയുന്ന അതാണ് മറ്റെങ്കിലും ചിന്തിച്ചെഴുതുകയാണ് കറക്റ്റ് പറയുന്ന നിയമം വര അർത്ഥം ബുദ്ധ്വാ ശബ്ദരചന രണ്ട് രണ്ടാണ് ഇത് മനുഷ്യൻ്റെ പഴയകാലത്ത് മനുഷ്യനിങ്ങനെ പാടിയ പാട്ടുകളൊക്കെ ഭേദമെന്ന് പറയും അതിനകത്ത് അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ചിന്തകളും അവൻ്റെ ജീവിതവും അവൻ്റെ സംസ്കാരവും ഒക്കെ മനസ്സിലാക്കാം അത്രയേ ഉള്ളൂ അധികവും ഒന്നുമില്ല ഒരു കാലത്തിലെ മനുഷ്യൻ്റെ ജീവിതം അത്രയുള്ളൂ ഇപ്പം നിശ്വാസം എന്ന് പറയുന്ന അനായാസം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ശ്രുതി പ്രമാണമുണ്ട് അസ്യ മകതോ ഭൂത നിശ്വസിതം അതേത് ഉപവേദ ആയുർവേദ സാമവേദോ അഥാദർവാഹെന്ന് അതുകൊണ്ട് ആണ് നിശ്വസിതം അസ്യ നിശ്വസിതം വേദാഹ ഏതസ് വീക്ഷിതം പഞ്ചഭൂതാനി വേണം ഈ പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നത് എന്താണ് ഈശ്വരൻ്റെ ഒരു വീക്ഷണമാണ് എന്ന് വെച്ചാൽ ഈശ്വരൻ ഇങ്ങനെ നോക്കിയപ്പോൾ പഞ്ചഭൂതങ്ങളും കിട്ടിച്ചു കുറച്ചുകൂടി പ്രയത്നം കുറച്ചുകൂടി പ്രയത്നം ആവശ്യമുണ്ട് ഒന്ന് നോക്കണ്ടേ നോകിയത്വം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഈശ്വരൻ്റെ വീക്ഷണം നോട്ടം കൊണ്ടാണ് പഞ്ചഭൂതങ്ങളുണ്ടായി സ്മിതമേതസ് ചരാചരം ഈ ചരവും അചരവുമായിരിക്കുന്ന ഈ വർഗങ്ങളെല്ലാം എല്ലാം എന്താണ് ഈശ്വരൻ്റെ ഒരു പുഞ്ചിരിയാണ് സ്മിതമാണ് ഈശ്വരൻ ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ചരാചരങ്ങളെല്ലാം ഉണ്ടായി അസ്യച സുപ്തം മഹാപ്രളയ അസ്യ സുപ്തം ച മഹാപ്രളയ ഈശ്വരൻ്റെ ഉറക്കമാണെന്തത് മഹാപ്രളയം അപ്പോൾ ഇതൊക്കെ ഈ എഴുതി വയ്ക്കുന്നതൊക്കെ എന്താണോ ഇതൊക്കെ മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ അവരുടെ വിശ്വാസം രേഖപ്പെടുത്തുന്നതാണ് മനുഷ്യനങ്ങനെ വിശ്വസിച്ചിടുന്നു അങ്ങനെ അതല്ലേ പറയുന്നത് ഇതൊക്കെ വിശ്വാസമാണ് മനുഷ്യന്റെ വിശ്വാസം അവർ രേഖപ്പെടുത്തുന്നതാണ് ഈശ്വരൻ ഇങ്ങനെ വിശ്വസിച്ചപ്പം വന്നു നിശ്വസിതമസ്യ വേദ വീക്ഷിത വേദസ്യ പഞ്ചഭൂതാനി ഈ കണ്ണുറഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ പഞ്ചഭൂതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു സമിത വേദസ്യ ചരാചരം ഒന്ന് പുഞ്ചിരിച്ചപ്പോന്തിയതു ചരാചരങ്ങളെല്ലാം ഉണ്ടായി അസ്യജ സുഖം മഹാപ്രളയഹ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോന്തിയത് ഇതെല്ലാം ലയിച്ചു ഇതാണ് മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറയും മനസ്സിലായോ വിശ്വാസത്തെ കവിതയായിട്ട് എഴുതിയിരുന്നു അതിനകത്ത് അതിനപ്പുറം എന്നുവെച്ചാൽ ഈ പറയുന്ന എന്താണ് ഇതിങ്ങനെ പറയാൻ കാരണം മനുഷ്യനൂടെ ഓരോ കാര്യങ്ങളും സൃഷ്ടിക്കുന്നുണ്ടല്ലോ അതുപോലെയല്ല ഈശ്വര സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മനുഷ്യനൊരു കവിത എഴുതണമെങ്കിൽ ഒരുപാട് കറക്ഷനൊക്കെ വേണ്ടി വരും ഈശ്വരന് അതിൻ്റെ ആവശ്യമില്ല മനുഷ്യനെ നോട്ടം കൊണ്ടൊന്നും സൃഷ്ടിക്കാൻ ഒക്കില്ല മനുഷ്യനവിടെ അധ്വാനിക്കണം ഇവിടെയൊന്നും വേണ്ട ഒരു നോട്ടം ഒരു പുഞ്ചിരി പിന്നെ ഒരു ഉറക്കം സൃഷ്ടിപ്രളയവും സംഭവിക്കും ഇത് മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ പഴയ കാലത്ത് പത്തായിരം വർഷം മുമ്പൊക്കെയുള്ള മനുഷ്യൻ്റെ വിശ്വാസങ്ങളെന്നും മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു കൂടുതൽ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല ഇതങ്ങനെ സംഭവിക്കുമില്ലേ വിശ്വസിക്കുന്നത് എന്താണെന്നോക്കെ വിശ്വസിക്കാം പ്രശ്നമുണ്ട് ഷദ്ഭിരങ്കൈരുപേതായ വിവിധരബീര ശാശ്വതായ നമസ്കുർമ്മ വേദായജ ഭവായ വേദത്തെയും ശിവനെയും നമസ്കരിക്കുന്നുണ്ട് മംഗളാചരണമാണ് വേദായച ഭവായ വേദത്തെയും ശിവനെയും നമസ്കരിക്കുന്നു നമസ്കുർമ നമസ്കരിക്കുന്നവരെ േദത്തെയും ശിവനെയും അപ്പൊ ഈ പറയുന്ന വിശേഷണങ്ങളെല്ലാം വേദത്തിനും ശിവനും ചേരുന്ന വിശേഷണങ്ങളാണ് എന്തൊക്കെയാണ് ഷദ്ധിരംഗയിരുപേതായ ഷദ്ധിരംഗയിരുപേതായ ആറംഗങ്ങളോട് ഉപേതം കൂടി ചേർന്ന ഇപ്പം വേദത്തിന് ആറംഗങ്ങളുണ്ട് ഏതൊക്കെയാണ് ശിക്ഷ വ്യാകരണം ഛന്തസ് ഏ എന്താണ് വേദത്തിൻ്റെ അംഗങ്ങൾ അറിയത്തില്ല ശിക്ഷാകൽപ്പം വ്യാകരണം നിരത്തം ഛന്ദസ് ജ്യോതിഷം ഇതാണ് വേദത്തിൻ്റെ അംഗങ്ങൾ അപ്പോൾ വേദത്തിൻ്റെ വിശേഷമായി ഷദ്ധിരങ്കേരുപേതായ ആറ് അംഗങ്ങളോട് കൂടിച്ചേർന്നവൻ പിന്നീട് ശിവൻ്റെ വിശേഷമായി വരുമ്പോൾ എന്താണ് സർവജ്ഞതാ തൃപ്തിരനാധിബോധ ഈശ്വരൻ സർവജ്ഞനാണോ സർവജ്ഞതാ തൃപ്തി ഈശ്വരൻ എന്താണ് പൂർണ്ണ തൃപ്തനാണ് ഈശ്വരൻ്റെ തൃപ്തി കുറവൊന്നും തന്നെയല്ല പിന്നെ അനാദിബോധം ഈശ്വരൻ എന്താണ് നിത്യജ്ഞാനമുള്ള ആളാണ് എന്താണ് സർവജ്ഞതാ തൃപ്തിരനാധിബോധ സ്വതന്ത്രതാ നിത്യം അലുപ്തശക്തി അതിൻ്റെ വേഖാനങ്ങളിൽ കാണും ഉണ്ടോ സ്വതന്ത്രതാ നിത്യം അലുപ്തശക്തി സ്വതന്ത്രത ഈശ്വരൻ എങ്ങനെയാണ് സ്വതന്ത്രനാണ് നിത്യമലുപ്ത ശക്തി ഒരിക്കലും നാശം വരാത്ത ശക്തി അചിന്തിയശക്തിഷ്ഠ വിഭോർവിധിജ്ഞാഹഡാഹുരങ്കാനി മഹേശ്വരസ് വായു പുരാണത്തിലുള്ളതാണ് അചിന്തിയശക്തിഷ്ഠ അചിന്തിയമായ ശക്തിയുണ്ട് അലുപ്തമായ ശക്തിയുണ്ട് ഒരിക്കലും നശിക്കാത്ത അചിന്യമായ ശക്തിയോടുകൂടിയവനാണ് ഈശ്വരൻ അചിന്ത്യശക്തിഷ്ഠ വിഭോഹോ വിധിജ്ഞാഹന്മാർ പണ്ഡിതന്മാർ പറയും ഷടാഹുരങ്കാലി ആറ് അംഗങ്ങളെക്കുറിച്ച് പറയുന്നു വിഭോ ആർത്ത് ശിവന് ഷടാഹുരങ്കാലി മഹേശ്വരസ്യ മഹേശ്വരൻ ആറ് അംഗങ്ങളെ പറയുന്നു ഏതൊക്കെയാണ് സർവജ്ഞതാ തൃപ്തിരനാധിബോധ സർവജ്ഞത്വം തൃപ്തി അനാദിബോധം സ്വതന്ത്രതാനിത്യം അലുപ്തശക്തി സ്വാതന്ത്ര്യം അലുപ്തശക്തി നിത്യം അജിന്തി ശക്തി വിഭോർവിധിജ്ഞാ ഷടാഹുരംഗാടി മഹേശ്വരസ് പിന്നെ അജിന്യമായ ശക്തി വിഭോ ഇതി മഹേശ്വരസ് ഭോഹ വിധിജ്ഞാഹ പറയുന്നു നടത്തും വാർഡ ഇതൊക്കെയാണ് എന്താണോ സർവജ്ഞത തൃപ്തിർ അനാധിബോധ പിന്നെ അചിന്യശക്തി പിന്നെ സ്വതന്ത്രത നിത്യമലിപ്ത്യ അലുപ്തശക്തി സ്വാതന്ത്ര്യം അലുപ്തശക്തി അജിന്ത്യശക്തി പാർണോയർ ആർണോയർ അത് സർവജ്ഞത തൃപ്തി അനാധിബോധ സ്വതന്ത്രത നിത്യമലുപ്തശക്തി അജിന്ത്യശക്തി ഇപ്പോൾ അത്രയായി ഇതാണ് ഈശ്വരൻ്റെ ആറംഗങ്ങൾ പിന്നെ വിവിധയിൽ അബ്യയിൽ വിവിധങ്ങളായ അവ്യങ്ങൾ അവ്യങ്ങൾ എന്ന് പറയുമ്പം വേദത്തിലെ അവ്യങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ചാതയോ അസത്വേ സുരാതി വിവാദം അമ്മിയോ ശബ്ദങ്ങളുടെ അമിയോ എന്ന് പറയുന്നത് അതൊക്കെയാണ് വേദത്തിലില്ലേ ചാതികളില്ലേ പ്രാതി ഇല്ലേ പ്രാതികൾ പ്രാപര അപസമ വേദത്തിലുണ്ട് ഇതൊക്കെയാണ് വേദത്തിലാണ് ഇനി മഹേശ്വരൻ്റെ ഐശ്വര്യം എന്താണ് ജ്ഞാനം വിരാഗതഐശ്വര്യം ഇതാണെന്ത് അമ്മിയും ഈശ്വരൻ്റെ അഭ്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അമ്മിയെന്ന് വെച്ചാൽ ഈശ്വരൻ്റെ ഒരിക്കലും നശിക്കാത്തതായ ഗുണങ്ങൾ ജ്ഞാനം ഈശ്വരനോടല്ലോ വിരാകത വിരക്തി ഈശ്വരന് വിരക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഏശ്വരൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അതിൻ്റെ വിരക്തി വേണ്ടാ തീരങ്ങൾക്കൊന്നും ജ്ഞാനം വിരാഗ ദൈശര്യം തപസ്സത്യം ക്ഷമാധൃതി തപ സത്യം ക്ഷമാധൃതി ജ്ഞാനം വിരാഗ ദൈശര്യം തപ തപസ് ഈശ്വരന് തപസ്സുണ്ട് കാരണം തപസ്സെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സങ്കല്പമാണ് അല്ല സാറിന് പറയുന്നത് തപസ്സല്ല സത്യം ഈശ്വരൻ സത്യം ഉള്ള ആളാണല്ലോ പിന്നെ എന്താണ് ക്ഷമാ ഈശ്വരൻ വലിയ ക്ഷമയുള്ള ആളാണ് ക്ഷമാപൂർവമാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് പിന്നെ ധൃതി ധൈര്യം ശക്തി ധൈര്യം എന്നടക്കാം ഈശ്വരനൊന്നിനെയും ഭയമില്ല നിർഭയന സൃഷ്ടിത്വം ആത്മസംബോധോ ഹ്യധിഷ്ഠാതൃത്വമേവ സൃഷ്ടിത്വം ആത്മസംബോധോ ഹ്യധിഷ്ഠാതൃത്വമേവ സൃഷ്ടിത്വം സൃഷ്ടിക്കുന്ന ആ ശേഷി ആത്മസംബോധം ആത്മബോധം അധിഷ്ഠാതൃത്വം എല്ലാത്തിൻ്റെയും അധിഷ്ഠാനമായിരിക്കും പേത്രനായി അമ്മയാണ് ദശയിതാണ് നിത്യം ദൃഷ്ടം ശങ്കരേ അമ്മയാണ് ദശയിതാനി നിത്യം ദൃഷ്ടം ദി ശങ്കരേ ഈ ദശഅ്യങ്ങൾ ശങ്കരെന്ന ശിവനിലെപ്പോഴും ഉണ്ട് ഏതൊക്കെയാണ് ജ്ഞാനം നിരാഗത ഐശ്വര്യം തപസ്സത്യം ക്ഷമാതൃതി പിന്നെ ജ്ഞാനം നിരാഗ ദൈശന്യം പറഞ്ഞൊക്കെ മറന്നുപോയോ ജ്ഞാനം നിരാഗ ദൈശന്യം ക്ഷമാസത്യം തപസ്സത്യം ക്ഷമാതൃതി പിന്നെ സൃഷ്ടത്വം ആത്മസംബോധോ അധിഷ്ഠാതൃത്വമേ വെച്ച സ്രഷ്ടത്വം ആത്മസമ്പോധം അധിഷ്ഠാതൃത്വം അമയാന് ദശീതാന് നിത്യം ദൃഷ്ടന്തി ശങ്കരേ നട ദിശാവ ഏതും ഇതൊക്കെ മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ ഏതൊക്കെയാണ് വ്യങ്ങൾ ഏതൊക്കെയാണ് ജ്ഞാനം നിരാഗതൈശ്യം തപസ്സത്യം ക്ഷമാതൃതി സൃഷ്ടം ആത്മസംബോധോ അധിഷ്ഠാതൃത്വമേ അമ്യാന ദിശയുതാന നിത്യം തിഷ്ടി ശങ്കരേ ഏത് കേണു ജ്ഞാനം വിരാഗതഐശ്വര്യം തപസ്സത്യം ക്ഷമാതൃതി സൃഷ്ടത്വം ഹ്യാത്മസംബോധോ അതിഷ്ടാതൃത്വമേ ച അമ്യാൻ ദിശയിതാന നിത്യം തിഷന്തി ചന്ദ്രേ അംഗങ്ങളേതൊക്കെയാണ് നേരത്തെ പറഞ്ഞു സർവജ്ഞതാ തൃപ്തിരനാധിബോധ സ്വതന്ത്രതാ നിത്യം അടുത്ത ശക്തി പിന്നെ അജിന്യശക്തി വിഭോർവിധിജ്ഞാഷട ഒരംഗാരി മഹേശ്വരസ് എന്നും സർവജ്ഞത തുടങ്ങും സർവജ്ഞത സർവജ്ഞത കഴിഞ്ഞ് എന്താ വരും സർവജ്ഞതാ തൃപ്തിരനാധിബോധ സർവജ്ഞതാ തൃപ്തിരനാധിബോധ സ്വതന്ത്ര സ്വതന്ത്രതാ നിത്യമലുപ്തശക്തി അജിന്തി ശക്തി ചവിപോർ വിതിജ്ഞ ഷടാഹുരങ്കായി മഹേശ്വര അപ്പൊ എന്താണ് ശിവനും വേദത്തിനും <imitasi> <imitasi> <imitasi> <imitasi> <imitasi> <imitasi> <imitasi> <imitasi> ും അംഗങ്ങളും വിവിധ അവ്യയങ്ങളുണ്ട് നിരവധി അവ്യങ്ങളുണ്ട് അത് ഈ ശിവൻ്റെ വേദത്തിൻ്റെയും ഗുണങ്ങളാണ് വിശേഷണങ്ങളാണ് ഗുണങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷദ്ധിരങ്കേരുപേതായ വിവിധേരവീരവി ശാശ്വതായ അങ്ങനെയുള്ള ശാശ്വതമാണ് ആര് വേദവും ഈശ്വരം േദായ ഭവായ ച നമസ്കുർമ വേദത്തിനെയും ശിവനെയും നമസ്കരിക്കുന്നു മംഗളാകരം മാർത്തലകസ്വാമി മഹാഗണപതീന്മയം വിശ്വവന്ത്യൻ നമശയാമ സർവസിദ്ധിവിധായന മാർത്തൻ സൂര്യൻ മർത്തണ്ടനെന്നാണ് മാർത്താണ്ഡൻ നമ്മൾ മലയാളത്തിൽ പറയും സംസ്കൃതത്തിൽ മാർത്തണ്ടനെന്നാണ് മാർത്തണ്ട തിലകസ്വാമി മാർത്തണ്ട തിലകസ്വാമി മാർത്താണ്ഡൻ എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല ശരിക്കും വേണമെങ്കിൽ അത് ശരിയാകാം പക്ഷേ ശരിക്കും മാർത്താണ്ഡൻ എന്നാണ് മാർത്തണ്ടനെന്നാണ് മർത്തണ്ടൻ സൂര്യദേവൻ തിലകസ്വാമി തിലകപ്രിയോ സ്വാമി തിലകസ്വാമി തിലകം പ്രിയനായിരിക്കുന്ന സ്വാമിയാണ് തിലകസ്വാമി എന്ന് പറയുന്നത് ശാഖപാർത്ഥിവാധീനാം സിദ്ധേയ ഉത്തരപദല ലോഹശുഭസംഖ്യ തിലകപ്രിയോ സ്വാമി തിലകപ്രിയ എന്ന് സമാസത്തിൽ വരും പ്രിയശബ്ദം ലോപിച്ചു ഉത്തരപദം പ്രിയ ശബ്ദം സമാസത്തിൽ ലോപിച്ചു അപ്പം തിലകം പ്രിയമായിരിക്കുന്ന സ്വാമി തിലകസ്വാമി എന്ന് പറയുന്ന കാർത്തികേയനാണ് കാർത്തിക തിലകം വളരെ പ്രിയമാണ് മാർത്തതിലകസ്വാമി മഹാഗണപതീൻ മഹാഗണപതീൻ വയം മഹാകമണീൻ ഗണപതീൻ വിശ്വവന്ത്യൻ സർവസിദ്ധിപ്രയവ്രതായ വയം നമസയാമ മാർത്താ മാർത്തണ്ഡൻ മാർത്താണ്ടൻ എന്നേ വരത്തുള്ളൂ മാർത്തണ്ടൻ തിലകസ്വാമി കാർത്തികേയൻ മഹാഗണപതി ഇവരെല്ലാം എങ്ങനെയുള്ളതാണോ വിശ്വപന്ധ്യാണ് സർവരും വന്ദിക്കുന്നവരാണ് വിശ്വമെന്ന് വെച്ചാൽ സർവം സർവരും വന്ദിക്കുന്നവരാണ് പിന്നെ എന്താണോ സർവസിദ്ധി വിധായിന സർവവിദ്യയെയും സർവസിദ്ധികളും ചെയ്യുന്നവരാണ് അഭീഷ്ടമെല്ലാം ശ്രദ്ധിച്ച് തരുന്നവരാണ് നടത്തുന്നത് സർവസിദ്ധിയും ചെയ്യുന്നവരായ വിധിക്കുന്നവരെന്നുവെച്ചാൽ നൽകുന്നവർ സർവസിദ്ധിയും നൽകുന്നവരായ ഇവരെ വയം ഞങ്ങൾ നമസ്യാമ നമസ്കരിക്കുന്നു ബ്രഹ്മസൂത്ര പ്രത്യേക തസ്മൈ വേദവ്യാസായ വേദസേ ജ്ഞാനശക്തി അവതാരായ നമോ ഭഗവതോ ഹരേഹേ ഭഗവത ഹരേഹേ ഭഗവാൻ ഹരിയുടെ എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ ജ്ഞാനശക്തി അവതാരായ ജ്ഞാനശക്തി അവതരിച്ചതായ ജ്ഞാനശക്തിയുടെ അവതാരമായ വിഷ്ണുവിൻ്റെ അവതാരമാണെന്തത് വ്യാസൻ പക്ഷേ ഇങ്ങനെയുള്ള അവതാരം വിഷ്ണുവിൻ്റെ ജ്ഞാനശക്തിയുടെ അവതാരമാണെന്നാണ് അതാണ് ഭഗവത ഹരേ ജ്ഞാനശക്തി അവതാര അവതാരായ ഭഗവാൻ ഹരിയുടെ ജ്ഞാനശക്തിയുടെ അവതാരമായ ബ്രഹ്മസൂത്ര തസ്മൈ വേദസേ വേദവ്യാസായ ബ്രഹ്മസൂത്ര ബ്രഹ്മസൂത്രത്തെ നിർമ്മിച്ചവനായ വേദസേ സർവജ്ഞനായ വേദസ് എന്ന് വെച്ച സർവജ്ഞേദ്യാസായ തസ്മൈ വേദവ്യാസായ ആ വേദഭ്യാസന് നമസ്കാരം അപ്പൊ ഇത് വേദവ്യാസന് നമസ്കരിക്കുകയും ബ്രഹ്മസൂത്ര ചെയ്ത വേദവ്യാസന്റെ പ്രത്യേകത എന്താണ് വേദവ്യാസനം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരമാണ് വിഷ്ണുവിൻ്റെ ജ്ഞാനശക്തി അവതരിച്ചാണ് ഇദ്ദേഹമാണ് ബ്രഹ്മസൂത്രത്തെ നിർമ്മിച്ചത് ഇദ്ദേഹം സർവജ്ഞനാണ് അങ്ങനെയുള്ള വേദവ്യാസനടുത്ത് നമസ്സരിക്കുന്നു നമഹം ബ്രഹ്മസൂത്ര പ്രത്യേക തസ്മൈ വേദവ്യാസായ വേദസേ ജ്ഞാനശക്തി അവതാരായ നമോ ഭഗവതേ ഭഗവതോ ഹരേ ന വിശുദ്ധവിജ്ഞാനം സങ്കരം കരുണാകരം ഭാഷ്യം പ്രസന്നഗംഭീരം തണീതം വിഭജ്യത്തെ ഇനി അടുത്ത് ശങ്കരാചാര്യർ നമസ്കരിക്കുന്നു കരുണാകരം കരുണയുടെ ആഗരമായിരിക്കുന്ന ആഗരം എന്ന് വെച്ചാൽ ഇരിപ്പിടം ഖനി കരുണയുടെ ആഗരമായ കരുണയുടെ ഇരിപ്പിടമായ വിശുദ്ധ വിജ്ഞാനം വിശുദ്ധമായ വിജ്ഞാനം എന്ന് വെച്ചാൽ അദ്വൈത വിശുദ്ധം വിജ്ഞാനം എസ് ആരുടെയാണ് വിശുദ്ധമായ അദ്വൈതജ്ഞാനം അദ്വൈതജ്ഞാനത്തെയാണ് വിശുദ്ധ വിജ്ഞാനം എന്ന് ആ അദ്വൈതജ്ഞാനം ഉള്ളതായ ശങ്കരാചാര്യ പിന്നെ എങ്ങനെയുള്ളതാണ് പ്രസന്ന ഗംഭീരം തത്പ്രണീതം ഭാഷ്യം ആ വിശുദ്ധ വിജ്ഞാനം കർ കരുണാകരം വിശുദ്ധ വിജ്ഞാനം ശങ്കരൻ നത്വ കരുണയുടെ ആഗരവും വിശുദ്ധമായ വിജ്ഞാനത്തോടുകൂടിയവനുമായ ശങ്കരനെ നത്വ നമിച്ചിട്ട് നത്വ വിശുദ്ധ വിജ്ഞാനം ശങ്കരം കരുണാകരം കരുണയുടെ ആഗരവും വിശുദ്ധമായ വിജ്ഞാനത്തോടുകൂടിയവനുമായ ശങ്കരനെ നത്വ നമസ്കരിച്ചിട്ട് തത്പ്രതീ തത്പ്രണീതം പ്രസന്ന ഗംഭീരം ഭാഷ്യം വിഭജ്യത തത്പ്രണീതം ശങ്കരപ്രണീതം ശങ്കരനാൽ നിർമ്മിക്കപ്പെട്ടതായ പ്രസന്ന ഗംഭീരം പ്രസന്നവും ഗംഭീരവുമായ പ്രസന്നം എന്ന് പറഞ്ഞാൽ വളരെ സരളമായി അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നത് ഗംഭീരം എന്ന് വെച്ചാൽ വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുള്ളത് വളരെ ആഴമുള്ളത് എളുപ്പത്തിൽ അർത്ഥബോധം ഉണ്ടാക്കുന്നതുമാണ് എന്നാൽ വളരെ ആഴത്തിലുള്ള അർത്ഥമുള്ളതുമാണ് അത് ശരിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് കാരണം ഈ ഭാഷ്യം എന്ന് പറയുന്നത് വളരെ പ്രസന്നമാണെന്ന് വെച്ചാൽ വായിച്ചു കഴിഞ്ഞാൽ ആർക്കും അർത്ഥം മനസ്സിലാക്കും സാമാന്യമായി അതുകൊണ്ട് പ്രസന്നമാണ് എന്നാൽ ഗംഭീരമാണെന്ന് വെച്ചാൽ വളരെ ആഴമുള്ളതുമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ അതിൽ നിന്ന് അതുകൊണ്ട് വളരെ യോജിച്ച ഒരു വിശേഷമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് തത്പ്രണീതം ആ ഭാഷ്യകാരൻ നിർമ്മിച്ച പ്രസന്ന ഗംഭീരമായ ഭാഷ്യം ബ്രഹ്മസൂത്ര ഭാഷ്യത്തെ വിഭജ്യതയെന്ന് വെച്ചാൽ വ്യാഖ്യാനിക്കുന്നു എന്നർത്ഥം ആര് അവരാണ് വാചസ്പതി മിശ്രം പറയാണ് അപ്പോൾ ശങ്കരാചാര്യരെ നമസ്കരിച്ചിട്ട് ഭാഷ്യത്തെ ഞാൻ വിശദീകരിക്കുന്നു എന്നാണ് ശങ്കരാചാര്യങ്ങനെയുള്ളതാണ് വിശുദ്ധമായ അദ്വൈതജ്ഞാനത്തോടുകൂടിയ ആളാണ് കരുണാകരനാണെന്ന് എന്ത് പറഞ്ഞു മറ്റുള്ളവരോടുള്ള കരുണ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഷ്യത്തെ രചിച്ചത് ആൾക്കാർക്ക് മുക്തിയെ കൊടുക്കുന്നു ഒരു ഭാഷ്യത്തെ രചിച്ചത് പിന്നെ ഭാഷ്യം ഇങ്ങനെയുള്ളതാണ് വളരെ സരളവും എന്നാണ് അതാണ് ഗുരുവും പറഞ്ഞിരിക്കുന്നത് എന്താണ് സരളാദ്വയ ഭാഷുകാരൻ അത് ഈ പ്രസന്നം എന്ന് പറയുന്നത് എൻ്റെ അർത്ഥമാണ് സരള പ്രസന്ന ഗംഭീരമായ ആ ഭാഷ്യം അതിന് തത്വണീത ലധ്യോദകവിത്രയതി അസ്മദാധീനം വച സ്വന്തം കാര്യം പറയണം എൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവരുടെ വാക്കുകൾ എന്ന് വെച്ചാൽ ഭാഷ്യം ഭാഷ്യത്തിൻ്റെ വ്യാഖ്യാനത്തെയാണ് പറയുന്നത് എന്ത് അസ്മദാധീനം വച്ച എന്നെ പോലെയുള്ള ആൾക്കാരുടെ വ്യാഖ്യാനങ്ങൾ നടത്തണം എൻ്റെ വ്യാഖ്യാനവും അതുപോലെയുള്ള വ്യാഖ്യാനങ്ങളും അതാണ് അസ്മദാധീനം വച്ച അവധൂതം അഭി മലിനമാണെങ്കിലും എൻ്റെ വാക്യത്തിൽ എൻ്റെ വ്യാഖ്യാനത്തിന് പല പല പോരായ്മകളും ഉണ്ട് എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ചിലരെ അവധൂതന്മാരെ വിളിക്കും എന്തുകൊണ്ട് അവധൂതന്മാരെ വിളിക്കുന്നു കുളിക്കാതെയും നനയ്ക്കാതെയും കാണക്കുന്നതുകൊണ്ടാണ് അവധൂതന്മാരെന്നുള്ള പേര് വന്നത് മലിനമായി നടക്കുന്നതുകൊണ്ടാണ് അതാണ് അസ്മദാതീനാം വജ അവധൂതമി അത് മലിനമാണെങ്കിലും ആചാര്യകൃതി നിവേശനം ആചാര്യൻ്റെ കൃതിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിവേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എൻ്റെ വാക്കുകൾ സ്വയം മലിനമാണെങ്കിലും അത് ആചാര്യൻ്റെ കൃതിയുടെ വ്യാഖ്യാനമായി വന്നാലും അർത്ഥം ഭാഷ്യത്തിൻ്റെ വ്യാഖ്യാനമായി വന്നു കഴിഞ്ഞാൽ എൻ്റെ വാക്കുകൾ അത് മലിനമാണെങ്കിലും ഗംഗാപ്രവാഹപാത രഥ്യോതകം ഇവ എങ്ങനെയാണോ രന്താ ഗംഗാപ്രവാഹപാദം എന്ന് വെച്ചാൽ ഗംഗയുടെ ആ ഒഴുക്ക് അതാണ് ഗംഗാപ്രവാഹപാദം അത് രഥ്യോതകം ഇവ ഓടവെള്ളത്തെ എന്നതുപോലെ പവിത്രേരി പവിത്രമാക്കുന്നു എന്തെന്തിന പവിത്രമാക്കുന്നു അതായത് ഗംഗയിലെ നല്ല ഒഴുക്കിലേക്ക് അതിൻ്റെ നാല് സൈഡിൽ നിന്നും ഓടകളിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കാശിയിലൊക്കെ പോയി കണ്ടാൽ അറിയാം ഓടയിലെ വെള്ളം ആദ്യം ഒരുകുകയാണ് പക്ഷേ ഏത് വെള്ളം അവിടെ ചെന്ന് കഴിഞ്ഞാലും ഗംഗാജലം അതിനെ ശുദ്ധമാക്കുന്നത് ആൾക്കാർ ഗംഗാജലം കോരിയെടുത്ത് കുടിക്കുന്നത് അവരെ സംബന്ധിച്ച് ഗംഗാജലത്തിൽ ഏത് ഓടയിലെ വെള്ളം കക്കൂസ് വെള്ളം വരുന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല ഗംഗാജലം എന്താണോ വിശ്വാസം ആണ് മനുഷ്യൻ്റെ ഏത് മാലിന്യം വന്നു കഴിഞ്ഞാലോ അത് ശുദ്ധമാക്കും അതൊരു വിശ്വാസമാണ് അതല്ലാത്തതുകൊണ്ടാണ് ഇപ്പം കോടിക്കണക്കിന് രൂപമുടക്കി ഗംഗയെ ശുദ്ധിയാക്കും ഗംഗയ്ക്ക് അങ്ങനെ ശുദ്ധിയാക്കാനുള്ള കഴിവൊന്നുമില്ല ഉണ്ടെങ്കിൽ പിന്നെ കോടിക്കണക്കിന് രൂപ ശുദ്ധിയാക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ പഴയകാലത്തെ വിശ്വാസമാണ് ഒരു വെള്ളത്തിൽ വേറെ വെള്ളം അഴുക്ക് വെള്ളം വന്നാൽ അത് മലിനമാകും പിന്നെ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ശക്തി കുറയുന്നേ ഉള്ളൂ എന്നാലും പഴയ വിശ്വാസം അനുസരിച്ച് പറയണം എന്ത് ഗംഗാപ്രവാഹ രഥ്യോദകം രഥ്യ എന്ന് പറഞ്ഞാൽ വഴി ഓട എന്നൊക്കെ അർത്ഥം ഈ രഥം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഉരുണ്ട് പോയി പഴയകാലത്ത് ഈ റോഡുകളിൽ ചാലുണ്ടാവുന്നുണ്ട് വെള്ളം ഒഴുകുന്ന ചാലായി രൂപപ്പെടും കാളവുണ്ടിയൊക്കെ പോകുന്നിടത്ത് പഴയകാലത്ത് അത് കണ്ടാറിയ അതിനാണ് രഥ്യ എന്ന് പറയുന്നു രഥ്യൗതമെന്ന് പറഞ്ഞാൽ ആ ഒഴുകുന്ന വെള്ളം അത് മലിനജലമായിരിക്കും അത് ഗംഗയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് പവിത്ര യതിയെന്ന് വെച്ചാൽ അതിനെ പവിത്രമാക്കുന്നു അതുപോലെയാണ് ഇദ്ദേഹം എന്ന് പറയുന്നു എൻ്റെ വാക്കുകൾ അത് മലിനമാണെങ്കിലും ഭാഷ്യത്തിനോട് ചേർന്നാൽ എന്ത് വരും അത് പവിത്രമാകും എന്നാണ് ശരിക്കും ഭാഷ്യത്തിനാണ് ഇത് മലിനമാക്കുന്നത് അത് മറ്റൊരു കാര്യം ശരിക്കും ഓടയിലെ വെള്ളം ഗംഗയിൽ ചെന്നാൽ എന്തു ചെയ്യും ഗംഗയും മലിനമാവും പക്ഷേ മനുഷ്യൻ്റെ വിശ്വാസം അങ്ങനെയല്ല ഏതോടെ വെള്ളം ചെന്ന് കഴിഞ്ഞാലും ഗംഗ അതിനെ പവിത്രമാക്കുമെന്നാണ് അതുകൊണ്ടാണ് മനുഷ്യൻ അവിടെ ചെന്നിട്ട് ഇറങ്ങി കുളിക്കുകയും കക്കൂസ് വെള്ളം ആണ് ഡ്രെയിനേജിൻ്റെ വെള്ളമാണ് ഗംഗയെ ഒന്ന് ഇറങ്ങുന്നത് ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് പണ്ട് നമ്മളൊക്കെ അവിടെ ചെന്ന് താമസിക്കുന്ന കാലത്ത് മുഴുവൻ ഡ്രെയിനേജിലും വെള്ളമാണ് ഗംഗയിലും ഒന്ന് ഇറങ്ങുന്നത് ഭയങ്കര ഒഴുക്കായതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല നമ്മളറി ഇറങ്ങി കുളിക്കും അതിലെ വെള്ളം തന്നെ എല്ലാം അത് മരുന്നാണെന്നുള്ള തെളിവാണ് അവിടെ താമസിക്കുമ്പോൾ എല്ലാ ദിവസവും ആശുപത്രിയും മരുന്നും രോഗവും മിക്കവാറും ദിവസം മരുന്നില്ലാതെ ഒരു ദിവസം ജീവിക്കാൻ പറ്റത്തില്ല ഒന്നുകിൽ പനിയായിരിക്കും അല്ലെങ്കിൽ ചുമയായിരിക്കും അല്ലെങ്കിൽ ദേഹം ചൊറിയായിരിക്കും നിരന്തരം ആരോഗ്യം എത്ര ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യമായാലും അവിടെ പോയി താമസിച്ചാൽ നശിച്ചു അവിടെ ഉള്ളവർക്ക് പ്രശ്നമില്ല നമ്മളെ പോലെയുള്ളവർക്ക് ഞാൻ കുറെ അനുഭവിച്ചാണ് എല്ലാ അസുഖങ്ങളും അവിടെ എന്തുകൊണ്ട് മലിന ജനമാണ് കുടിക്കുന്നത് അന്ന് ഇതാ ഇത് പഠിച്ചിട്ടാണ് അത് കുടിക്കുകയും ആശുപത്രിയിൽ പോവുകയും ചെയ്യുന്നത് അവിടെ തന്നെ സംഭവിച്ച കാര്യം അപ്പോഴേ മനസ്സിലായി കഴിഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണോ മനുഷ്യൻ്റെ വിശ്വാസങ്ങളാണ് അതിനെപ്പുറം അതിനകത്തൊരു കാര്യം പക്ഷേ നരേന്ദ്രമോദി വന്ന് വലിയൊരു പ്രോജക്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു ഗംഗാജലം ശുദ്ധിയാക്കേണ്ട ഒരു പരിപാടി ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ കുറേ ജലം വൃത്തിയായിട്ടുണ്ട് കുറേയൊക്കെ ഒരുപാട് പണം കോടിക്കണക്കിന് രൂപ അധികം ചിലവാക്കുന്നു എന്നാലും ജനങ്ങൾക്ക് ബോധമില്ലാത്ത കൊണ്ട് ജനങ്ങളെന്ത് ചെയ്യും ഇതിനും വീണ്ടും മലിനമാങ്ങിക്കൊണ്ടേ ഫാക്ടറിയിലെ വെള്ളം മുഴുവൻ അങ്ങോട്ട് തുറന്നുവിടും പല പല തരത്തിൽ ജനങ്ങൾ മലിനമാക്കും പക്ഷെ അക്കാര്യത്തിൽ നരേന്ദ്രമോദി ഒരുപാട് പ്രവൃത്തി ചെയ്യുന്നുണ്ട് ഗംഗയെ ശബ്ദമാക്കാൻ അപ്പൊ കുറേക്ക് ഫലം കാണുന്നുമുണ്ട് അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് എന്താണ് അസ്മദാധീനാം മച്ച ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഈ വാക്ക എന്ന് പറയുന്ന ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ അവധൂതം അഭി മലിനമാണെങ്കിലും ഗംഗാ ആചാര്യകൃതി നിവേശനം ആചാര്യകൃതിയോട് ചേരുമ്പോൾ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അതിൻ്റെ വ്യാഖ്യാന രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഗംഗാപ്രവാഹപാത ഗംഗയിലെ ഒഴുക്ക് രഥ്യൂതകം ഓടവെള്ളത്തെ എന്നതുപോലെ ഇവ ഇവ പോലെ പവിത്ര ഇനി പവിത്രമാക്കുന്നു ഏതേദന പവിത്രമാകുന്നു ഭാഷ്യം ഭാഷയത്തിൻ്റെ വ്യാഖ്യാനത്തെ പവിത്രമാക്കുന്നു എന്നാണ് ഈ പാമതിയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായ വ്യാഖ്യാനമാണ് ഒരുപാട് ഗഹനമായ തത്വചിന്തയും നല്ല പ്രൗഢമായ ഭാഷയും ആ രീതിയിലൊക്കെ വളരെ മികച്ചതാണ് പക്ഷേ കുറേയൊക്കെ ഭാഷയത്തെ മലിനമാക്കിയിട്ടുമുണ്ട് തിരിച്ചാ സംഭവിച്ചു ഗംഗി സംഭവിച്ച പോലെ ഓടവണ നിന്നിട്ട് എന്ത് ചെയ്തു അതിനൊക്കെ മലിനമാക്കി എന്നിട്ട് ഭാഗമതി മോശമൊന്നല്ല ഒരുപാട് ആരാധകരുണ്ട് അതിൻ്റെ വളരെ പ്രൗഢമായ പാണ്ഡിത്യപൂർണ്ണമായ ഒരു വ്യാഖ്യാനമൊക്കെയാണ് അതൊക്കെ ശരിയല്ലേ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഭാഷ്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് കുറച്ചൊക്കെ ഭാഷയത്തെ മലിനമാക്കിയിട്ടുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കും ശങ്കരാചാര്യർക്ക് ഒരു നൂറ് വർഷത്തിനാണ്